ഗ്രാമീണർ സത്യനിഷേധത്തിലും കപടവിശ്വാസത്തിലും ഏറ്റവും കഠിനരാണ് അള്ളാഹു സുബഹാനഹുവചായാല തന്റെ റസൂലിലൂടെ അവതരിപ്പിച്ച നിയമങ്ങൾ അറിയാതിരിക്കാൻ ഏറ്റവും സാധ്യതയുള്ളവരും അവരാണ് അല്ലാഹു സുബഹാനഹൂവചായാല എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്